മക്കയിൽ അവതരിച്ചത് മുപ്പത്തിയഞ്ചാം വചനത്തിൽ ഫിനെ അഥവാ സുവർണാലങ്കാരത്തെ സംബന്ധിച്ച പരാമർശമാണ് ഈ പേരിന് നിദാനം കാര്യങ്ങൾ വിശദമാക്കുന്ന വേദഗ്രന്ഥം തന്നെയാണ് തീർച്ചയായും നാം ഇതിന് അറബി ഭാഷയിലുള്ള ഒരു ഖുർആാൻ ആക്കിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാകുന്നു وَإِنَّهُ فِي أُمِّ الْكِتَابِ لَدَيْنَا لَعَدِيٌّ حَكِيمٌ തീർച്ചയായും അത് മൂല ഗ്രന്ഥത്തിൽ നമ്മുടെ അടുക്കൽ സൂക്ഷിക്കപ്പെട്ടിടത്രേ അത് ഉന്നതവും വിജ്ഞാന സമ്പന്നവും തന്നെയാണ് അസനദ്രിബ് അങ്കും ദിക്റ സഫഹൻ അൻ കുൻതും ഖൗമൻ മുസ്രിഫീൻ അപ്പോൾ നിങ്ങൾ അതിക്രമകാരികളായ ജനങ്ങളായതിനാൽ നിങ്ങളെ ഒഴിവാക്കി വിട്ടുകൊണ്ട് ഈ ഉത്ബോധനം നിങ്ങളിൽ നിന്ന് മാറ്റിവെക്കുകയോ പൂർവ്വസമുദായങ്ങളിൽ എത്രയോ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട് ഏതൊരു പ്രവാചകൻ അവരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിലും അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നവരാകാതിരുന്നിട്ടില്ല അങ്ങനെ ഇവരെക്കാൾ കനത്ത കയ്യോക്കുണ്ടായിരുന്നവരെ നാം നശിപ്പിച്ചു കളഞ്ഞു പൂർവികന്മാരുടെ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുമുണ്ട് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതാരാണെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും പ്രതാപിയും സർവജ്ഞനുമായിട്ടുള്ളവനാണ് അവ സൃഷ്ടിച്ചതെന്നത് അതെ നിങ്ങൾക്കുവേണ്ടി ഭൂമിയെ ഒരു തൊട്ടിലാക്കുകയും നിങ്ങൾ നേരായ മാർഗം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്കവിടെ പാതകൾ ഉണ്ടാക്കിത്തരികയും ചെയ്തവൻ وَالَّذِينَ الزَّلَ مِنَ السَّمَاءِ مَاءً بِقَدْرٍ فَأَنْشَغْنَا بِهِ بَلْدَةً مَّيْتًا كَذَالِكَ تُخْرَجُونَ آغاشة تُنِنِّنِّنِّ اُرُ تَوْدَ نُسَرِشُ وَيَلَّمْ بَرْشُشُ دَرِيْكَيُمْ شَيْتَبَنْ انِنِتُ ادُ مُولَمْ نَامْ نِرْجِيوَمَ آيَا رَاجِّتْتِهِ فُنَرُ جِيوِبْبِي നിങ്ങളും മരണാനന്തരം പുറത്തുകൊണ്ടുവരപ്പെടുന്നതാണ് എല്ലാ ഇണകളെയും സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് സവാരി ചെയ്യാനുള്ള കപ്പലുകളും കാലികളെയും നിങ്ങൾക്ക് ഏർപ്പെടുത്തിത്തരികയും ചെയ്തവൻ ു അവയുടെ പുറത്ത് നിങ്ങൾ ഇരിപ്പുറപ്പിക്കാൻ എന്നിട്ട് നിങ്ങൾ അവിടെ ഇരിപ്പുറപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുവാനും നിങ്ങൾ ഇപ്രകാരം പറയുവാനും വേണ്ടി ഞങ്ങൾക്കുവേണ്ടി ഇതിനെ വിധേയമാക്കി തന്നവൻ എത്ര പരിശുദ്ധൻ ഞങ്ങൾക്കതിനെ ഇണക്കുവാൻ കഴിയുമായിരുന്നില്ല തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് തിരിച്ചെത്തുന്നവർ തന്നെയാകുന്നു അവന്റെ ദാസന്മാരിൽ ഒരു വിഭാഗത്തെ അവരതാ അവന്റെ അംശം അഥവാ മക്കൾ ആക്കി വെച്ചിരിക്കുന്നു തീർച്ചയായും മനുഷ്യൻ പ്രത്യക്ഷമായി തന്നെ തികച്ചും നന്ദി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 اون اين نشاء في الحنيه وهو في الخصام غير مبين آبرنمણીച് വളർത്തപ്പെടുന്ന വാഗ്വാദത്തിൽ ന്യായം തെളീക്കാൻ കഴിയവിലാതാ ഓരാളാണോ അല്ലാഹുവിനെ സന്താനമായി കൽപ്പിക്കപ്പെടുന്നു وجعل الملائكه الذين هم عباده الرحمن لناتا اشهدوا خلقهم പരമകാരുണികന്റെ ദാസന്മാരായ മലക്കുകളെ അവർ പെണ്ണുങ്ങളാക്കിയിരിക്കുന്നു ആ മലക്കുകളെ സൃഷ്ടിച്ചതിന് അവർ സാക്ഷ്യം വഹിച്ചിരുന്നോ അവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തുന്നതും അവർ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്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 أَمْ آتَيْنَا هُمْ كِتَابًا مِنْ قَبْلِهِ فَهُمْ بِهِ مُسْتَمْسِكُونُ آدَ اللَّا أَوَرْكُ نَامْ إِدِنُ مُمْبُ وَلَّكْ رَنْثَبُمْ نَلْجِئِئِ اِتْتُ أَوَرْ أَدِلْ مُرُوْغَ پِتِشِنْدِلْكُوْكَ يَعَنُوا بَلْ قَالُوا وجدنا إِنَّا وَجَدْنَا آبَاءَنَا عَلَى ഞങ്ങളുടെ പിതാക്കൾ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾ അവരുടെ കാൽപ്പാടുകളിൽ നേർമാർഗം കണ്ടെത്തിയിരിക്കാം എന്നാണ് അവർ പറഞ്ഞത്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 فَجَعَلْنَا مِنْهُمْ ثَنَا بِكَيْفَ كَانَ عاقِبَةُ الْمُكَذِّبِينَ أَذِنَ لَكُمْ أَوْرْكُ شِخْصَ نَلْغِي أبول ஆ சத் நிஷேதிகளோட பரியവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ إِنَّنِي بَرَاءٌ ഇബ്രാഹിം തന്റെ പിതാവിനോടും ജനങ്ങളോടും ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുക തീർച്ചയായും ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവനാകുന്നു എന്നെ സൃഷ്ടിച്ചവനൊഴികെ കാരണം തീർച്ചയായും അവൻ എനിക്ക് മാർഗദർശനം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ സത്യത്തിലേക്കും അടങ്ങേണ്ടതിനായി ആ പ്രഖ്യാപനത്തെ അദ്ദേഹം അവർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു വചനമാക്കുകയും ചെയ്തു ും അല്ല ഇക്കൂട്ടർക്കും അവരുടെ പിതാക്കൾക്കും ഞാൻ ജീവിതസുഖം നൽകി സത്യസന്ദേശവും വ്യക്തമായി വിവരിച്ചു കൊടുക്കുന്ന ഒരു ദൂതനം അവരുടെ അടുത്തു വരുന്നതുവരെ وَلَمَّا جَاءَهُمُ الْحَقُّ قَالُوا هَٰذَا سِحْرٌ وَإِنَّهُ لَكَافِرُونَ അവർക്ക് സത്യം വന്നത്തിയപ്പോൾ ആഗട്ടെ അവർ പറഞ്ഞു ഇതൊരു മായാജാലമാണ് തീർച്ചയായും ഞങ്ങൾ അതിൽ വിശ്വാസമില്ലാത്തവരാകുന്നു وَقَالُوا لَوْلَا نُزِّلَ هَٰذَا الْقُرْآنُ عَلَىٰ رَجُلٍ مِّنْ الْقُرُونَيْنِ عَظِيمٍ രണ്ട് പട്ടണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മഹാപുരുഷന്റെ മേൽ എന്തുകൊണ്ട് ഈ കുർആാൻ അവതരിപ്പിക്കപ്പെട്ടില്ല എന്നും അവർ പറഞ്ഞു പറഞ്ഞു പസന്നും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 മനുഷ്യർ ഒരേ തരത്തിലുള്ള ദുഷിച്ച സമുദായമായി പോകുകയില്ലായിരുന്നെങ്കിൽ പരമകാരുണികനിൽ അവിശ്വസിക്കുന്നവർക്ക് അവരുടെ വീടുകൾക്ക് വെള്ളികൊണ്ടുള്ള മേൽപ്പുരകളും അവർക്ക് കയറിപ്പോകാൻ വെള്ളികൊണ്ടുള്ള കോണികളും നാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അവരുടെ വീടുകൾക്ക് വെള്ളിവാതിലുകളും അവർക്ക് ചാരിയിരിക്കാൻ വെള്ളിക്കട്ടിലുകളും സ്വർണം കൊണ്ടുള്ള അലങ്കാരവും നാം നൽകുമായിരുന്നു എന്നാൽ അതെല്ലാം ഐഹിക ജീവിതത്തിലെ സുഖഭോഗം മാത്രമാകുന്നു പരലോകം തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ളതാകുന്നു പരമകാരുണികന്റെ ഉത്ബോധനത്തിന്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തിക്കൊടുക്കും എന്നിട്ട് ആ പിശാജ് അവന് കൂട്ടാളിയായിരിക്കും തീർച്ചയായും ആ പിശാചുക്കൾ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 فَإِنَّ مَا نَذَهَبُ مِنَّ بِكَ فَإِنَّ مِنْهُمْ مُنْتَقِمُونَ إني നിന്നെ നാം കൊണ്ടുപോകുന്നപക്ഷം അവരുടെ നേരെ നാം ശിക്ഷ നടപടി എടുക്കുക തന്നെ ചെയ്യുന്നതാണ് ഔനൂരിയന്നകല്ലദീ വാഅദനാഹും ഫഇന്ന അലൈഹിം മുഖ്തബറൂൻ अथवा ു താക്കിയത് നൽകിയ ശിക്ഷ നിനക്കു നാം കാട്ടിത്തരികയാണെങ്കിലോ നാം അവരുടെ കാര്യത്തിൽ കഴിവുള്ളവൻ തന്നെയാകുന്നില്ല ആകയാൽ നിനക്കു ബോധനം നൽകപ്പെട്ടത് നീ മുറുകെ പിടിക്കുക തീർച്ചയായും നീ നേരായ പാതയിലാകുന്നു وَإِنَّهُ لَذِكْرٌ لَّكَ وَلِقَوْمِكَ وَسَوْفَ തീർച്ചയായും അത് നിനക്കും നിന്റെ ജനതക്കും ഒരു ഉത്ബോധനം തന്നെയാകുന്നു വഴിയെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് നിനക്കുമുമ്പ് നമ്മുടെ ദൂതന്മാരായി നാം അയച്ചവരോട് ചോദിച്ചു നോക്കുക പരമകാരുണികന് പുറമെ ആരാധിക്കപ്പെടേണ്ട വല്ല ദൈവങ്ങളെയും നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് وَلَقَدْ أَرْسَلْنَا مُوسَى بِ آيَاتِنَا إِلَىٰ كِرْدْ عَوْلَ وَمَلَئِهِ فَقَالَ فَقَالَ إِنُنْ نِي رَسُولُ رَبِّ الْعَالَمِينَ موسَى يَ نَمْمُّلَ دْرِشْتَانْدَنْ جَلُمَائِ فِرْعَوْنْدَيُمْ أَوَنْدَيْمْ أَوَنْدَيْمْ أَوَنْدَيْمْ مُكْشَنْ مَارُوْدَيُمْ أَدُ ഞാൻ ലോകരക്ഷിതാവിന്റെ ദൂതനാകുന്നു അങ്ങനെ അദ്ദേഹം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരതാ അവയെ കളിയാക്കിച്ചിരിക്കുന്നു അവർക്ക് നാം ഓരോ ദൃഷ്ടാന്തവും കാണിച്ചുകൊടുത്തുകൊണ്ടിരുന്നത് അതിന്റെ ഇണയേക്കാൾ മഹത്തരമായി കൊണ്ടുതന്നെയായിരുന്നു അവർ ഖേദിച്ചുമടങ്ങുവാൻ വേണ്ടി നാം അവരെ ശിക്ഷകൾ മുഖേന പിടികൂടുകയും ചെയ്തു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 ഫിറൌൻ തന്റെ ജനങ്ങൾക്കിടയിൽ ഒരു വിളംബരം നടത്തി അവൻ പറഞ്ഞു എന്റെ ജനങ്ങളെ ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ ഈ നദികൾ ഒഴുകുന്നതാകട്ടെ എന്റെ കീഴിലൂടെയാണ് എന്നിരിക്കെ നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിയുന്നില്ലേ അല്ല അല്ല ഹീനായിട്ടുള്ളവനും വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്തവനുമായ ഇവനേക്കാൾ ഉത്തമൻ ഞാൻ തന്നെയാകും അപ്പോൾ ഇവന്റെ മേൽ സ്വർണവളകൾ അണിയിക്കപ്പെടുകയോ ഇവനോടൊപ്പം തുണയായിക്കൊണ്ട് മലക്കുകൾ വരികയോ ചെയ്യാത്തതെന്താണ് അങ്ങനെ ഫിർ തന്റെ ജനങ്ങളെ വിട്ടികളാക്കി അവർ അവനെ അനുസരിച്ചു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 തീർച്ചയായും അദ്ദേഹം അന്ത്യസമയത്തിനുള്ള ഒരു അറിയിപ്പാകുന്നു അതിനാൽ ആ അന്ത്യസമയത്തെപ്പറ്റി നിങ്ങൾ സംശയിച്ചു പോകരുത് എന്നെ നിങ്ങൾ പിന്തുടരുക ഇതാകുന്നു നേരായ പാത وَلَا يَصُدُّ عَنكُمْ الشَّيْطَانُ إِنَّهُ لَكُمْ عَدُوٌّ مُبِينٌ بيसाज <تصفيق> अदिल निनु मिङले तड्याय दिरकडे तीर्च्यां आवन निङ्ल्क प्रत्यक्ष शत्रु वागुनु ولَمَّا جَاءَ عِيسَى بِالْبَيِّنَاتِ قَالَ قَدْ جِئْتُكُمْ വ്യക്തമായ തെളിവുകളും കൊണ്ട് ഈസ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു തീർച്ചയായും വിജ്ഞാനവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തു വന്നിരിക്കുന്നത് നിങ്ങൾ അഭിപ്രായ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ചിലത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ വേണ്ടിയും ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുകയും ചെയ്യും തീർച്ചയായും അള്ളാഹു തന്നെയാകുന്നു എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക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 ുംയോ അവർ ഓർക്കാതിരിക്കെ പെട്ടെന്ന് ആ അന്ത്യസമയം അവർക്ക് വന്നെത്തുന്നതിനെയല്ലാതെ അവർ നോക്കിയിരിക്കുന്നുണ്ടോ അല്ല ുഹൃത്തുക്കൾ ആ ദിവസം അന്യോന്യം ശത്രുക്കളായിരിക്കും സൂക്ഷ്മത പാലിക്കുന്നവരൊഴികെ ഉമവലും എന്റെ ദാസന്മാരെ ഇന്ന് നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതുല്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും കീഴ്പെട്ടു ജീവിക്കുന്നവരായിരിക്കുകയും ചെയ്തവരത്രേ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു സ്വർണത്തിന്റെ തളികകളും പാനപാത്രങ്ങളും അവർക്ക് ചുറ്റും കൊണ്ടു നടക്കപ്പെടും മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരവുമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കുകയും നിങ്ങൾ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിട്ടുള്ള സ്വർഗമത്രേ അത് ും നിങ്ങൾക്കതിൽ പഴങ്ങൾ ധാരാളമായി ഉണ്ടാകും അതിൽ നിന്ന് നിങ്ങൾക്കു ഭക്ഷിക്കാം തീർച്ചയായും കുറ്റവാളികൾ നരകശിക്ഷയിൽ നിത്യവാസികളായിരിക്കും അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല അവർ അതിൽ ആശയറ്റവരായിരിക്കും നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല പക്ഷെ അവർ തന്നെയായിരുന്നു അക്രമകാരികൾ അവർ വിളിച്ചു പറയും ഹേ മാലിക് താങ്കളുടെ രക്ഷിതാവ് ഞങ്ങളുടെ മേൽ മരണം വിധിക്കട്ടെ മാലിക് പറയും നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവർ തന്നെയാകുന്നു അള്ളാഹു പറയും തീർച്ചയായും നാം നിങ്ങൾക്ക് സത്യം കൊണ്ടുവന്നു തരികയുണ്ടായി പക്ഷേ നിങ്ങളിൽ അധിക പേരും സത്യത്തെ വെറുക്കുന്നവരാകുന്ന അതല്ല അവർ നമുക്കെതിരിൽ വല്ല കാര്യവും തീരുമാനിച്ചിരിക്കയാണോ എന്നാൽ നാം തന്നെയാകുന്നു തീരുമാനമെടുക്കുന്നവൻസൂന അതല്ല അവരുടെ രഹസ്യവും ഗൂഢാലോചനയും നാം കേൾക്കുന്നില്ല എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ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 سبحان رب السماوات والارض رب العرش مما يصفون انال اغاشങ്ങളുടെയും ഭൂമിയുടെയും രക്ഷ이다 സിംഹാസനത്തിന്റെ നാഥൻ അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് എത്രയോ പരിശുദ്ധനത്രേ يذرهم يقعضون ويلعبون حتى يلاقوا يومهم الذي يعدون അതിനാൽ നീ അവരെ വിട്ടേക്കുക അവർക്കു താക്കീത് നൽകപ്പെടുന്ന അവരുടെ ആ ദിവസം അവർ കണ്ടുമുട്ടുന്നതുവരെ അവർ അസംബന്ധങ്ങൾ പറയുകയും കളി ഏർപ്പെടുകയും ചെയ്തു കൊള്ളട്ടെ അവനാകുന്നു ആകാശത്ത് ദൈവമായിട്ടുള്ളവനും ഭൂമിയിൽ ദൈവമായിട്ടുള്ളവനും അവനാകുന്നു യുക്തിമാനും സർവജ്ഞനും ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും ആധിപത്യം ഏതൊരുവെന്നാണോ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 وَقِيلَ لَهُ يَا رَبِّ إِنَّ هَؤُلَاءِ قَوْمٌ لَّا يُؤْمِنُونَ እንደ ရక్షిဒாவே တိర్చယာယံ ဣကူတာ విశ్వసికတာ ഒരു ജനതയാകുന്നു എന്ന് പ്രവാചകൻ പറയുന്നുദം അല്ലാഹു അറിയും تَصَحَّ عنهم وَقُلْ سَلَامًا فَسَوْفَ يَعْلَمُونَ അതിനാൽ നീ അവരെ വിട്ടുതിരിഞ്ഞുകളയുക സലാം എന്ന് പറയുകയും ചെയ്യുക അവർ വഴിയേ അറിഞ്ഞുകൊള്ളൂ